ഒരു അഞ്ചു വല്ലം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 Thank mm -hmm. you. മനോ മേവാചി പ്രതിഷ്ഠ മാമിമേ ദൃതം മേ മാസേ അഹോരാത്ര സാധാമ വധിഷ്യ സത്യം വധിഷ്യവോക്രമവ മാം വരും തുവക്തം സന്ധി സന്ധി സന്ധി കിന്ഷോനുസൃതി ജഗദ്രുവേണമേത യുക്തരം എന്തൊക്കെയാണ് സൃഷ്ടിച്ചതെന്ന് പറയും ആ സൃഷ്ടി കുറിച്ച് പറഞ്ഞു അതൊരു ഇന്ദ്രജാലം പോലെ സൃഷ്ടിച്ചു ആത്മാനമേവ മറ്റൊരു രൂപത്തിൽ എന്തൊക്കെയാണ് സൃഷ്ടിച്ചത് അമ്പു മരീചരം ആകാശിക്രമേണ അണ്ടം ഉപാദ്യ അമ്പപ്രകൃതി ആശ്രചത ത്ര അമ്പ പ്രകൃതിയും സ്വയമേവ്യാജതി എന്തൊക്കെയാണ് സൃഷ്ടിച്ചെന്ന് ശ്രുതിയെന്ന് അംബശ്ദത്തിന് ജലോ നിർ അമ്പശ ശബ്ദവാച്യമായ ലോകം ജലമയമായ ലോകം പരേണ ദിവസം ആകാശത്തിനുപരി ദ്ലോകണ പരസ്തവാ അതൊന്ന് ജലമയമായ ലോകം ദ്വയുപദൃഷ്ട ആശ്രയ തസ്യ അമ്പസ്വലൂസ് അടുത്ത് ദ്ലോകം ദ്ലോകത്തിലാണ് ഈ ജനമയമായ ലോകം ദുലോകാത് അന്തരീക്ഷ അധസ്ഥാ അന്തരീക്ഷം എവിടെയാണോ ഈ സൂര്യരശ്മികളുള്ളത് അനന്തരീക്ഷം അത് ഈ ലോകത്തിന് താഴെയാണ് അമ്പശബ്ദവാശികമായ ജലമയമായ ലോകം ഏകോപി അനേക സ്ഥാന ഭേദത്വ ബഹുജനഭാഗ് മരീച്ച അത് മരീച്ചയഹ ബഹുവൻ ഉപയോഗിച്ചിരിക്കുന്ന ഒന്നാണെങ്കിൽ അനേക സ്ഥാനഭേദം കൊണ്ട് അങ്ങനെ ബഹുവൻ ഉപയോഗിച്ചിരിക്കുകയാണ് മരീച്ച ഭിർവ രശ്മി ബീസം വല്ലെങ്കിൽ മരീച്ചി സൂര്യരശ്മികൾ അവിടെയുള്ളതുമുണ്ട് അങ്ങനെ പറയാം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ിൽ ജലമായ ഉണ്ടാവും അതിന് താഴെ അന്തരീക്ഷം അതിന് താഴെ പൃഥിവി മരോ മൃഗൻ ഭൂതാനിയ മ്രിയന്റെ ഭൂതാനിയ അതാണ് മരഹ എവിടെയാണ് ഈ പ്രാണികളെല്ലാം മരിക്കുന്നത് മരഹ എന്ന് പറഞ്ഞ പൃഥിവി ഏറ്റവും മുകളിൽ ജലം അതിന് താഴെ അന്തരീക്ഷം അതിന് താഴെ ഭൂലോകം അധസ്ഥാ പൃഥിവി ആകത്ത ആപഹ ഉച്ച ആത്മതയുള്ളൂ കാഹ ആ പൃഥിവിക്ക് താഴെ ആപഹ ആപച്ചാൽ ജലവും അർത്ഥമുണ്ട് ഇവിടെ പറയുന്ന എന്താണോ പ്രാണികളെല്ലാം അതിനെ പ്രാപിക്കുന്നു അത് സാധാരണ രീതി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന എന്താണ് അന്തരീക്ഷം അന്തരീക്ഷത്തിൽ എന്ത് കാണുന്നു അവിടെ മേഘങ്ങൾ ആ മേഘങ്ങളുടെ ലോകം ജലമയമായ ലോകം അതിന് താഴെ കാണുന്നത് അന്തരീക്ഷം സൂര്യരശ്മികളുള്ള ലോകം മേഘങ്ങൾ വന്നാൽ അതിന് മേളിൽ നമുക്ക് സൂര്യരശ്മി കാണാനൊക്കത്തില്ല മേഘങ്ങൾക്ക് താഴെയാണ് സൂര്യരശ്മികളൊക്കെ കാണുന്നത് ഏറ്റവും മേലുള്ള അത് അതിനപ്പുറമുണ്ട് ദുലോകം ആകാശം എന്ന് പറയുന്നു അപ്പം ആകാശത്തിലാണ് മേഘങ്ങൾ സഞ്ചരിക്കുന്നത് ആ മേഘങ്ങളിലുള്ള താഴെ സൂര്യരശ്മികൾ ഉള്ള അന്തരീക്ഷം അതിൻ്റെ താഴെ ഭൂമി ഇനി ഭൂമിക്ക് ഉള്ള ലോകം റാണികൾ മരണശേഷം പ്രാപിക്കുന്ന ലോകം അങ്ങനെ ഇനി ഭൂമി ഒഴിച്ചു വന്നാലും കാണുന്ന എന്താണ് ആപ ജലമാണ് പക്ഷെ ഇവിടെ അങ്ങനെ ഒരു അർത്ഥമല്ലോ ഭാഷകാലം പറയുന്നത് നമ്മുടെ ചുറ്റും കാണുന്ന ലോകം നമ്മൾ കാണുന്ന ലോകം അതാണല്ലോ സൃഷ്ടിച്ച ലോകം ഇനി നമ്മുടെ കണ്ണുകൊണ്ടൊന്നും കാണാൻ വയ്യാത്ത ഒരു ജലമായ ലോകം അങ്ങനെയുള്ള ലോകത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അത് ഇവിടെ ഇപ്പോൾ പറയുന്നതനുസരിച്ച് നമ്മൾ കാണുന്ന ലോകം തന്നെ അങ്ങനല്ലാത്ത ലോകങ്ങളെ കുറിച്ചും പറയുന്നുണ്ട് എന്ത് വി പഞ്ചഭൂതാത്മകത്വം ലോകാന പറയുന്നു വാസ്തവത്തിൽ തഥാപി അബ്ബാഹുല്യ അബ്മഭിരേവ അംഭൂമരീചിവിടെ അബ്ബാഹുല്യ ജലത്തിന് പ്രാധാന്യമുള്ളതുകൊണ്ട് അങ്ങനെ ജലമയമായ ലോകം എന്ന് പറഞ്ഞു അതിന്റെ അർത്ഥം അവിടെ ജലം മാത്രമൊന്നല്ല പഞ്ചഭൂതാത്മകമാണ് ഒരു ലോകത്തിലെല്ലാം കാണും ഭൂമിയിലെല്ലാം ഉണ്ട് ചുരുക്കത്തിലൂടെ പറയുന്നത് എന്താണോ പഞ്ചഭൂതാത്മകമായ സൃഷ്ടി അത് സംഭവിച്ചു ആ സൃഷ്ടിയെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഒരേയും ഈ സൃഷ്ടിയിൽ താല്പര്യമില്ല ആ സൃഷ്ടിയുടെ കൃത്യത ഇവിടെ ബോധിപ്പിക്കാനുള്ള ഇന്ന ഇന്ന രീതിയിലാണ് സൃഷ്ടി അതല്ല താല്പര്യം സൃഷ്ടിയെ കുറിച്ച് പറയുമ്പോൾ സൃഷ്ടാവിനെ ബോധിപ്പിക്കും സൃഷ്ടി കൂടെ ആരംഭിക്കുന്നു സൃഷ്ടിയുടെ അവസാനം എന്ത് അങ്ങനെ ആത്മാവിനെ ബോധിപ്പിക്കാൻ വേണ്ടി സൃഷ്ടി പറയും ഒരു ജീവൻ ഗ്രഹിക്കുന്ന എന്തിനാ ഈ സൃഷ്ടി അപ്പോൾ അവന് നേരിട്ട് ആത്മാവിനെ ബോധിപ്പിക്കാൻ പ്രയാസമാണ് ബോധിക്കാനും പ്രയാസമാണ് ആദ്യം കാണുന്ന തരത്തിൽ സൃഷ്ടിയെ പറയുന്നു എന്നിട്ട് ആ സൃഷ്ടിയുടെ കർത്താവ് സൃഷ്ടിയുടെ അവസാനം സൃഷ്ടി എന്തിനെ ആശ്രയിച്ച് നിൽക്കുന്നു ഇത്തരത്തിൽ ആത്മാനുബോധിപ്പിക്കുന്നു അതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ഭൂമലി ജിർമലം ആപഹർ God and god and <grasas. �ot> <coughs> <spar> ും ഇതാണ് ഫലഅനുഭവത്തിനുള്ള ആശ്രയം അങ്ങനെ ഈ ലോകത്തെ സൃഷ്ടിച്ചിട്ട് സ ഈശ്വരപ്പുനർപീക്ഷത വീണ്ടും സങ്കല്പിച്ചു ഇമേന്നു അംഭപ്രഭൃതിയോ മയാ സൃഷ്ട ലോക ഞാനീ സൃഷ്ടിച്ചു പരിപാലി വർജിത വിനശ്യുഹു പരിപാലിക്കാനും വരുന്ന നശിക്കും സ്മാദേശാന് രക്ഷണാർത്ഥം അതുകൊണ്ട് ഇതിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ലോകപാലന്മാരെ സൃഷ്ടിക്കും അങ്ങനെ ചിന്തിച്ചിട്ട് സങ്കല്പിച്ചിട്ട് സ്വാഭ്യവ്രധാനിഭ്യവ പഞ്ചഭൂതിഭ്യൂ അതിൽ നിന്ന് ജലപ്രധാനമായ ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നും ജലപ്രധാനം എന്തുകൊണ്ട് പറയുന്നു ഈ പഞ്ചഭൂതങ്ങളിൽ ജീവൻ തന്റെ നിലനിൽപ്പിന് പ്രധാനമായിട്ടും ആശ്രയിക്കുന്ന ഒന്നാണ് ജലം അതുകൊണ്ട് സൃഷ്ടിക്ക് ജലപ്രധാനമായ ഭൂതങ്ങളെ ആശ്രയിച്ചു എന്ന് പറയുന്നത് കൊണ്ടാണ് सिरप धृत्यय मृत्व पृथिवीर्न सवोज കൈയും കാലും എന്നാ ഉള്ള ആ രൂപത്തെ സൃഷ്ടിച്ചു എന്നാണ് സമുദ്രത്തി അധ്യ സമുപാദായ മൃത്കുണ്ടം ഇവ കുലാല പൃഥ്വി മണ്ണിൽ നിന്നൊരു മൺ ഗോളത്തെ ഉണ്ടാക്കുന്നു മൃത്കുണ്ടം അതിൽ നിന്ന് പിന്നീട് കുടമുണ്ടാക്കുന്നു അതുപോലെ ഈ ശരീരത്തെ ഉണ്ടാക്കി കയ്യും കാലും എന്നാ ഉള്ള ശരീരത്തെ ഉണ്ടാക്കി മൂർച്ഛിതവാൻ സ പിണ്ഡിതവാൻ സ്വ അവയവ സംയോജനേന ഓരോ ജീവികൾക്കും വേണ്ട അവയവങ്ങളെ അതിൽ ഘടിപ്പിച്ചു ശരീരത്തെ ഉണ്ടാക്കി എന്ന ആ പിഡത്തെ ഉണ്ടാക്കിയതിനു ശേഷം പിന്നെ എന്ത് तस्त मुखं निरभिदा यहां अंडम वाचो अग्निनाभ्यायुरक्षिणी निरभ अक्षीभ्या चक्षु ചക്ഷുഷ ആണോ നിരഭി ശ്രോദ്ദിശി ച്ചോ ലോമാനി ലോമഭ്യ ഓഷധി വനസ്പതയോ ഹൃദയം നിർഭിത ഹൃദയാത്മന മനസമാർഭി നൃത്തുശ്യം നിരഭിത ശിശ്സിനത് റെേതോ റെേതസ ആപഹ സ്വാഭ്യേവാൻ സൃഷ്ടവാൻ തേബ്യേ വി പഞ്ചഭൂതങ്ങളിൽ നിന്നോ ഏതിൽ നിന്നാണോ ഈ അംഭസ്സും മറ്റും സൃഷ്ടിച്ചത് ആ പഞ്ചഭൂതങ്ങളിൽ നിന്ന് തന്നെ എന്ത് ചെയ്തു പുരുഷൻ പുരുഷാകാരം സ്ഥിരപ്രാണ്യാതിബന്ധം കയ്യും കാലം നിന്നുള്ള അതിനെ സൃഷ്ടിച്ചു തം പിണ്ഡം പുരുഷമിതം ഉദ്ദേശി അഭ്യതപത് വീണ്ടും ആ സൃഷ്ടിച്ച പിണ്ടത്തെ സങ്കല്പിച്ചു അഭിതപനം അഭിധ്യാനം വീണ്ടും അതിനെക്കുറിച്ച് സങ്കല്പിച്ചു എന്നിട്ട് എന്ത് ചെയ്തു എസ്മയൻ തപഹിത്യാദി ശ്രീടെ തപസ്സെന്നു പറയുന്നത് സങ്കല്പമാണ് എന്തുകൊണ്ട് ഈശ്വരന്റെ തപസ്സെന്നു പറയുന്നത് ഈശ്വരന്റെ സങ്കല്പമാണ് ജ്ഞാനമയൻ ഞാനം തന്നെ തപസ് തസ്യ അഭിതപ്ത ഈശ്വര സങ്കല്പേന തപസ് അഭിതപ്ത പിഖം നിരഭിദ്യത മുഖാകാരം സുഷിരം അജായത അങ്ങനെ ഈശ്വര സങ്കല്പിച്ചപ്പോൾ ആ പിണ്ടത്തിൽ ഒരു മുഖ വായി രൂപത്തിലുള്ള ഒരു ദ്വാരമുണ്ടായി എന്താ പക്ഷിനോ അണ്ടൻ നിരഭിദ്യതോ എങ്ങനെയാണോ പക്ഷിയുടെ മുട്ട പൊട്ടി അതിൻ്റെ അകത്തിരിക്കുന്ന പക്ഷിക്കുഞ്ഞ് പുറത്തു വരുന്നത് അതിന് വേണ്ടി അത് പൊട്ടുന്നതുപോലെ ആ പിണ്ടത്തിൽ വായുണ്ടായി തസ്മാൻ നിർഭിന്നാത് മുഖാത്മാക്കരണം ഇന്ദ്രിയം നിലപര്ത്തത് അവിടെ വാഗിന്ദ്രിയുണ്ടായി തത് അധിഷ്ഠാത അഗ്നി തതുവാചോ ലോകപാലിഷ്ഠാത ദേവതയാണ് അഗ്നി അതിൽ നിന്നും ലോകപാലന്മാരുണ്ടായി തഥാ നാസികയും നിരപ്പെത്തിയത് അതുപോലെ അതിന് നാസിക ഉണ്ടായി മാസികാഭ്യാം പ്രാണഹാതിൽ നിന്ന് പ്രാണനുണ്ടായി പ്രാണു പ്രാണനിൽ നിന്നും വായുണ്ടായി സർവത്ര അധിഷ്ഠാനം കരണം ദേവതാജത്രയും ക്രമേണ നിർഭിന്നം അങ്ങനെ ഓരോന്നിനും അതിന്റെ അധിഷ്ഠാനമായിരിക്കുന്ന ദേവത അധിഷ്ഠാനം പിന്നെ കരണം പിന്നെ ദേവത ഈ മൂന്നുമുണ്ടായി അക്ഷിണി കർണവും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ് മുഖം അധിഷ്ഠാനമായി അതിൽ നിന്ന് വാക്ക കർണമായി അതിൻ്റെ ദേവതയായി ലോകപ്പാൽ അങ്ങനെ നാസികാധിഷ്ഠാനമായി പ്രാണൻ അതിൻ്റെ കർണമായി വായുദേവതയായി ഇങ്ങനെ ഉണ്ടായി ഈ കർണങ്ങൾക്കെല്ലാം ഒരു ചൈതന്യത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിലേ പ്രവർത്തിക്കാൻ പറ്റൂ ആ ചൈതന്യത്തിന് അതാ അതിന്റെ ദേവതയെന്ന് പറയുന്നു ഇന്ദ്രിയങ്ങളുടെ സ്ഥാനങ്ങളെ ഗോളകങ്ങൾ എന്ന് പറയുന്നു ആ ഗോളങ്ങളിൽ ഇന്ദ്രിയിരിക്കുന്നു അതാണ് അതിന്റെ അധിഷ്ഠാനം അതാണ് കർണം ദേവത അധിഷ്ഠാനം കർണം ദേവതാചത്രയം ക്രമേണ നിർഭിന്നം എന്ന് പറഞ്ഞിരിക്കുന്നതാണ് പിന്നെ അക്ഷണി കർണവും ഹൃദയം അന്ധക്കർണാധിഷ്ഠാനം മനോ അന്തക്കർണം നാഭീ സർവപ്രാണബന്ധനസ്ഥാനം ഓരോന്നിനും വിശദീകരിക്കുന്നു കണ്ണുകളിൽ നിന്ന് ചക്ഷു ചിൽ നിന്ന് ചക്ഷു കർണം അക്ഷി അധിഷ്ഠാനം ോമാനി രോമങ്ങളുണ്ടായി ഓഷധി വനസ്പതി അതിൽ നിന്ന് ഓഷധി വനസ്പതി അടുത്ത് ഹൃദയം ഉണ്ടായി ഹൃദയത്തിൽ നിന്ന് മനസ്സ് കരണം മനസ്സിന്റെ ദേവത ചന്ദ്രം നാഭി അതിൽ നിന്ന് അപാനം അപാനിന്റെ ദേവത നമ്മുടെ ശിഷ്യനം അതിൽ നിന്ന് രേതസ് കരണം ആപീയദേവത ഇങ്ങനെ സൃഷ്ടി ഉണ്ടായി നാം तस्मान अपाल सम्मिक्तो ततो अपालै दिप पायुन्द्र निमित्ते देहं विसर्जिनेन कर्य। तस्य अधिष्ठात्र देवदा मर्त्युः। अदिन्डे अधिष्ठाने देवदा मर्त्युः यदा अनित्र तदा शिष्यन निरविद्यदा प्रजननेन्द्रियस्थानं इंद्रियं अदनेदेदस् विसर्गार्थत्व सहारिदे सौचिदेदेदसाप औडा जलीय देवत। तएता देवताः ിഷ്ട്വാൻമർണവേ പ്രാപൻ തം അശ്ന പിപസാഭ്യം അന്വവാർജനം അബ്രുവൻ ആയതം നീ എസ് പ്രതിഷ്ഠിത അന്നമേതി േതാ അഗ്നിദിയോ ദേവതാഹ ലോകപാല സങ്കല്പ്യ സൃഷ്ട ഇവരെല്ലാം ഈ ദേവതകളെയെല്ലാം ലോകപാലന്മാരായി അങ്ങനെ ഈശ്വരൻ സങ്കൽപ്പിച്ചിട്ട് സൃഷ്ടിച്ചു ഈശ്വര എന്ന അസ്മിൻ സംസാരാർണവേ ഈശ്വരൻ അങ്ങനെ സൃഷ്ടിച്ചു ഈ സംസാരാർണവത്തിൽ സംസാര സമുദ്രേ പറയുന്നു സംസാര സമുദ്രമാണോ മഹതി വളരെ വലുതാണ് അവിദ്യ കാമ കർമ്മ പ്രഭോ ദുഃഖോദകി അവിദ്യ കാമം കർമ്മം ഇതുകൊണ്ടുണ്ടാകുന്ന ദുഃഖസമുദ്രമാണ് ദുഃഖോദകമാണ് തീവ്ര രോഗ ജരാമൃത്യു മഹാഗ്രാഹി തീവ്രങ്ങളായ രോഗം ജരാമൃത്യു തുടങ്ങിയ മഹാഗ്രാഹങ്ങൾ വലിയ മുതലകളുള്ള സ്ഥലമാണ് അനാഥ് അനന്തി അപാരി നിരാലംബി അത് അനാഥമാ അനാദിയാണ് അനന്തമാണ് അപാരമാണ് കരയില്ലാത്തതാണ് നിരാലംബം ഇതിന്റെ അടിത്തട്ടത്രയുണ്ടെന്നറിയാമോ യാത്ര വലുതാണ് വിഷയേന്ദ്രിയ ജനിത സുഖലവക്ഷണവിശ്രാമി ഇതിൽ വരുന്ന വിശ്രാമെന്ന് പറയുന്നത് എന്താണോ വിഷയേന്ദ്രിയ ജനിതമായ സുഖലഭം അൽപസുഖം അതിന്റെ അനുഭവമാണ് ഇവിടുത്തെ വിശ്രാമം പഞ്ചേന്ദ്രിയ അർത്ഥമാരുത വിക്ഷോബോധിത അനർത്ഥശത മഹോർമു മഹാരൗരവാദ്യ അനേക നിരയഗത ഹാ ഹേ ഇത്യാദി പൂജിത ആക്രോശനോദ്ഭൂത മഹാരവി സത്യ ആർജവദാന ദയാഹിംസ ശമതമതിർത്തി അധ്യാത്മഗുണ ാധേയപൂർണ ജ്ഞാനോടുപ്പി സത്സംഗ സർവത്യാഗമാർഗേ മോക്ഷതീരം ഏതസ്മിൻ മഹത്യർണവേപതം പതിതപത്യഹ ഈ സംസാര സമുദ്രത്തിൽ പതിച്ചെങ്ങനെയെന്ന് പറയുന്നു ജീവിതം സൃഷ്ടിച്ചു കഴിഞ്ഞു ഈ അമ്പപ്രകൃതികളെ സൃഷ്ടിച്ചു അവിടെ ജീവന്മാരെ സൃഷ്ടിച്ചു ൃഷ്ടിച്ചു ദേവതകളെ സൃഷ്ടിച്ചു കർണങ്ങൾക്ക് അധിഷ്ഠാനത്തെ സൃഷ്ടിച്ചു ജീവന്മാരെന്ത് ചെയ്തു സംസാര സമുദ്രത്തിൽ പതിച്ചു വർണ്ണിക്കുക ഈ അഗ്നി ലോകപാലകന്മാരായി സങ്കല്പിച്ചത് സൃഷ്ടുവൻ സംസാരാർണവേ സംസാര സമുദ്രി മഹത്യ വിദ്യാമകർമ്മി മഹത്തായ വിദ്യാകാമ ജന്യമായ ദുഃഖോദകമുള്ള തീവ്രരോഗ ജരാമൃത്യു മഹാഗ്രാഹി തീവ്രമായ മൃത്യു തുടങ്ങിയ മഹാമുദ്രകളുള്ള അനാദോ അനന്ത അപാര നിരാലംബി അനാദിയാണ് അനന്തമാണ് അപാരമാണ് മറുകരയില്ലാത്തതാണ് നിരാലംബമാണ് അടിത്തട്ടില്ലാത്തതാണ് വിഷയേന്ദ്രിയ ജനിത സുഖലവലക്ഷണവിശ്ര വിശ്രാമേ ഇവിടുത്തെ അല്പവിശ്രമെന്ന് പറയുന്ന സുഖം അനുഭവിക്കുന്നതാണ് വിഷയേന്ദ്രിയ ജന്യമായ സുഖം അനുഭവിക്കുന്നതാണ് അവിടുത്തെ അല്പവര സ്വസ്ഥത ബാക്കി ഇവിടെ കഷ്ടത്തിലാണ് യാത്രയിലാണോ എങ്ങനെ പഞ്ചേന്ദ്രിയർത്ഥിക്ഷോബോധ്യത പഞ്ചേന്ദ്രിയ വിഷയങ്ങളോടുള്ള ആ തൃഷ്ണ അതാകുന്ന മാരുതൽ വായു അതിൻ്റെ വിക്ഷോഭം കൊണ്ട് ഉസ്ഥിതമായ അനത്തശതമഹോർമ്മവും അനടത്തശതങ്ങളാകുന്ന ഈ മഹാസമുദ്രത്തിൽ സംസാര സമുദ്രത്തിൽ കൃഷ്ണവിടെ അനർത്ഥങ്ങളുണ്ടാക്കുന്നു മഹാരൗരവാദ്യ അനേകന് നിരേകത ഹാ ഹ ഇത്യാദി പൂജിത ആക്രോശനുദ്ഭൂത മഹാരവി മഹാരൗരവാദ്യം അനേക നിരയുഗത മഹാരൗരവം തുടങ്ങിയ അനേക നരകങ്ങളുണ്ട് അവിടെ എന്നുള്ള വിളി കേൾക്കുന്നുണ്ട് ആക്രോശം ആന്തരവിളികൾ ഉണ്ട് ഭൂത മഹാരവി വലിയ വലിയ ശബ്ദമാണ് ഇവിടെ നരകത്തിലാൾക്കാർ അതാണ് ഈ സംസാരത്തിൻ്റെ ഒരു അവിടെ തന്നെ സത്യ ആർജവദാന അഹിംസ സമ്മദ്ദ അതിർത്തി അതി ആത്മഗുണം ആത്മഗുണങ്ങളുണ്ട് എന്തൊക്കെയാണ് സത്യം ആർജവം നിരവ നരവ് ബുദ്ധിയുടെ നേർമ്മ ദാനം ദയാ അഹിംസ ശബം ധൃതി തുടങ്ങിയ എന്താണ് അധ്യേയം വഴിച്ചവും ഇത് തന്നെ വഴിയിൽ ഭക്ഷിക്കാനുള്ള കാര്യങ്ങളാണിത് അത് പൂർണമായി ഞാനോടി അത് നിറച്ച ഒരു ജ്ഞാന വള്ളം അതുകൊണ്ട് ഇവിടെ തന്നെ ഒന്ന് ഈ സംസാര സമുദ്രത്തിന്റെ ഭീകരതയെ കാണിച്ചു മറുവശത്ത് മറ്റൊന്ന് ഈ സംസാര സമുദ്രം എത്ര ശാന്തമാണോ അതെങ്ങനെ തരണം ചെയ്യാൻ അതും കാണിച്ചു സത്സംഗ സർവത്യാഗം മാർഗ്ഗ ഇവിടുത്തെ വഴി എന്താണ് സത്സംഗവും സർവത്യാഗവും സത്സംഗത്തിന്റെയും മഹാത്മാക്കളുടെ സംസർഗത്തിന്റെയും സർവത്യാഗത്തിന്റെയും വഴി സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ സത്യം ആർജവും തുടങ്ങിയ പാധേയപൂർണമായ ജ്ഞാനോടുപ്പം കിട്ടും പാധേയം എന്ന് വെച്ചാൽ വഴി കഴിക്കേണ്ടത് തളരാതെ മുന്നോട്ട് പോകേണ്ടതെന്നർത്ഥം ആ ജ്ഞാനോടുപ്പത്തിൽ സഞ്ചരിച്ചാൽ തകരത്തില്ല അതിനീ പറയുന്ന പാതയും കഴി കയ്യിൽ കരുതിയിരുന്ന തളരത്തില്ല വിശപ്പത്തിൽ വിശപ്പും ദാഹൊന്നും അനുഭവപ്പെടുത്തില്ല ആ മാർഗം എന്താണ് സത്സംഗം സർവത്യാഗം ഈ മാർഗ്ഗം എന്ന് പറയുന്നത് സത്സംഗവും സർവത്യാഗവുമാണ് മോക്ഷ തീരെ അത് മോക്ഷ തീരമാണ് ഏതസ്മിൻ ഈ മഹാസമുദ്രത്തിൽ ഈ ജീവന്മാരെല്ലാം തള്ളിയിട്ടു ഈശ്വരൻ ജീവന്മാർ വീണുപോയി എന്നർത്ഥം അസ്മിൻ മഹത്യർണവി പ്രാപത്തൻ സൃഷ്ടിച്ചിട്ടു ഈ സംസാരത്തിലേക്ക് പറഞ്ഞു വിട്ടു അതിനിടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഭാഷകാരൻ പറഞ്ഞു അപ്പൊ സംസാരത്തിലാക്കി സൃഷ്ടാവുക അശനയാ പിപസാഭ്യം അന്വവാർജം താ യുവതം നീ എസ് പ്രതിഷിത അന്നേ അതി തസ്മാത് അഗ്നിയാദി ദേവതാപ്യ ലക്ഷണാവി ഗതിർ വ്യാഖ്യാത അഗ്നാദി ദേവതകളെ പ്രാപിക്കുന്ന ആ ഗതി ഇവിടെ വ്യാഖ്യാനിച്ചു അത് എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു കാരണം ഇതിന് മുമ്പ് വന്ന ഭാഗങ്ങളിൽ പൂർവ്വ ഭാഗങ്ങളിൽ ആ ഉപാസനങ്ങളും മറ്റും അഗ്നിയാതി ദേവതയെ പ്രാപിക്കേണ്ടതാണ് അപ്പോൾ ആ ദേവതകളുടെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു സൃഷ്ടിയിൽ ആതി ദൈവികം ആദ്യഭൗതികം ആധ്യാത്മികം അങ്ങനെ മൂന്ന് ഭാവങ്ങളുണ്ട് അതിൽ നമ്മൾ സാധാരണ കാണുന്നത് ആദ്യഭൗതികമായ ഭാഗമാണ് അല്ലെങ്കിൽ ആധ്യാത്മികമായ ഭാഗമാണ് അത് മാത്രമല്ല ആദ്യ ദൈവികമായ ഒരു ഭാവമുണ്ടെന്ന് പറഞ്ഞു അതാണ് ഈ ദേവതകളൊക്കെ വരുന്നത് എങ്ങനെയാണോ ആദ്യഭൗതികവും ആധ്യാത്മികവും സത്യമായിരിക്കുന്നത് അതുപോലെ ഈ ആദ്യ ദൈവിക ഭാവവും സത്യമാണ് ദേവതാരൂപങ്ങളും സത്യമാണ് അതുകൊണ്ടാണ് ദേവതകൾ ഉപാസിക്കുന്നതും അവയുടെ നിഗ്രഹാനുഗ്രഹ ശക്തികൾ ജീവനെ കെട്ടുന്നതും പക്ഷെ ഇവിടെ പറയാൻ അതല്ല അതെല്ലാം മുമ്പ് ചർച്ച ചെയ്ത് കഴിഞ്ഞാണ് അതിന്റെ ഫലങ്ങളെക്കുറിച്ച് ജ്ഞാനകർമ്മ സമുച്ചയ അനുഷ്ഠാന ഫലഭൂത സാപിനാലം സംസാരുഃപശമായ പറയുന്നു അതെല്ലാം താണ് ദേവതാപ്രാപ്തി എന്നുള്ളത് ജ്ഞാനകർമ്മ സമുച്ചയാനുഷ്ഠാന ഫലം ജ്ഞാനകർമ്മ സമുച്ചയാനുഷ്ഠാനത്തിന്റെ ഫലമാണ് സാപിനാലം അതും പര്യാപ്തമല്ല എന്തിന് സംസാര ദുഃഖവശമായ ഈ സംസാര ദുഃഖത്ത് ഉപശമിക്കുന്നതിന് അതും പര്യാപ്തമല്ല ഇത്യം വിവക്ഷിതോർത്ഥം അത്ര ആ വിവക്ഷിതമായ അർത്ഥമാണ് ഇവിടെ യഥൈവം തസ്മാദൈവം പരംപരം ആത്മാ ആത്മനൂതം ചോ വക്ഷ്യമാണവിശേഷണ പ്രകൃതി ജഗദുത്പത്തിസ്ഥിതി സംഹാരേതുവസംസാരപശമനായ വേദിതൃ പക്ഷാ ജ്ഞാനകർമ്മസമുച്ചനുഷാനം സംസാര ദുഃഖവശമായ അല്ലം നാലം സംസാര ദുഃഖവശമല്ല തന്നത് പര്യാപ്തമല്ല ഇത്യം വിവക്ഷിത അർത്ഥവും അങ്ങനെ ആ വിവക്ഷിതമായ അർത്ഥത്തെ ഇവിടെ അയ്യവം തസ്മ ദൈവം വിജിത്വമായ പരമ്പ്രഹ്മ ആത്മാ ആത്മന സർവഭൂതാനോ പക്ഷ്യമാണ് വിശേഷണ ഇവിടെ പറയുന്നത് എന്താണ് ആ തന്റെയും സർവഭൂതങ്ങളുടെയും ആത്മാവായിരിക്കുന്ന ആ പരബ്രഹ്മത്തെ അറിഞ്ഞിട്ട് അതാണ് ഇവിടെ അർത്ഥം അതറിയുകയാണ് സർവഭൂതാരാജ യുവപക്ഷ്യമാണ് വിശേഷണ ഇനി പറയാൻ പോകുന്നതിന്റെ വിശേഷണങ്ങളെക്കുറിച്ച് വേഷബ്രം വേഷഇഇന്ദ്ര ഒക്കെ ഇങ്ങനെ തന്നെ വർണ്ണിക്കും പ്രകൃതസ്ഥ ജഗതുത്പത്തി സംഹാര ഹേതുത്വനും ഇവിടെ പ്രകൃതത്തിൽ സൃഷ്ടിയെക്കുറിച്ച് ഇത്രയും വിശദമായി പറയുന്നത് എന്താണ് ജഗത്തിന്റെ ഉത്പത്തിസ്ഥിതി സംസാര ഹേതു അതിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് സം സർവസംസാരത് ഉപശനമനാമി ഈ സംസാര ഉപശമനത്തിന് ഇതിന്റെ ഹേതുവിനെ മനസ്സിലാക്കണം എന്നുകൊണ്ട് നിലനിൽക്കുന്നു എങ്ങനെ നിലനിൽക്കുന്നു ഇതിന്റെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണ് ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ ഹേതുവിനെ മനസ്സിലാക്കണം ഇതിന്റെ ഹേതു എന്താണ് പരമേശ്വരൻ തന്നെ തസ്മാധേഷ പന്ധ ഏത് കർമ്മ ഏത് ബ്രഹ്മ തസത്യം ം യേശപ്പന്ത ഇതാണ് വഴി കർമ്മം ഇതാണ് കർമ്മം ഇതാണ് ബ്രഹ്മം യഥസത്വം ഇത് തന്നെയാണ് സത്വം ഇതേതത് പരബ്രഹ്മാത്മജ്ഞാനം ഇത് തന്നെയാണ് എന്ത് ആ പരബ്രഹ്മമാണ് തന്റെ സ്വരൂപം എന്നുള്ള ജ്ഞാനം നന്യപ്പന്ധ വിദ്യതയായ ഈ ജ്ഞാനമല്ലാതെ മറ്റൊരു വഴിയില്ല ഇതിൽ നിന്ന് ഇതിലൊരു കഥ പോലെ പറഞ്ഞു പോവുകയാണ് അതിന് ഒരു ഉപാസന എന്നുള്ള നിലയ്ക്ക് ഇതിന്റെ ചിന്ത നല്ലതാണ് ഇങ്ങനെയൊക്കെ സൃഷ്ടി സംഭവിച്ചു ഇതെല്ലാം സൃഷ്ടികർത്താവിന്റെ വൈഭവമാണ് എന്നിങ്ങനെ സൃഷ്ടികർത്താവിന്റെ സാമർത്ഥ്യത്തെ മനസ്സിലാക്കാൻ ഒരു ഉപാസന എന്നുള്ള നിലയ്ക്ക് പറയാം ഇല്ലെങ്കിൽ അദ്വൈതമതമനുസരിച്ച് എന്താണ് ഈ സൃഷ്ടി ഇത്രയും വിശദീകരിക്കുന്നത് സൃഷ്ടിയെ കുറിച്ചുള്ള ബോധമുണ്ടായി അതിനെ ബാധിച്ചിട്ട് സൃഷ്ടികർത്താവ ഈശ്വരനെ ബോധിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെപ്പറത്ത് സയൻസ് ഒന്നുമില്ല അങ്ങനെ സൃഷ്ടിച്ചു അയം അലമിതി പുരുഷയത്വൻ സുഹൃദം ബതേതി ഒരു ഷൂഭാവ സുഹൃതം ത അബ്രവി യഥായുധനം പ്രവിശ്യതേതി ഇതൊരു സിനിമാ കഥ പോലെ പറയുകയാണ് അത്രയുള്ളൂ അതിൽ കഴിഞ്ഞതിൽ തോ വശനായ പിഡ്യമാനഹ ഇവർക്ക് വിശപ്പും ദാഹവും ഒക്കെ കൊടുത്തു അപ്പം ഇവർക്കെല്ലാം വലിയ ക്ഷീണമുണ്ടായി ഭക്ഷണം കിട്ടാതെ വെള്ളം കുടിക്കാതെ ഞാൻ പിതാമഹ സൃഷ്ടാനോ അബ്രുവൻ മുക്തമന്ധാക നേരെ അസൃഷ്ടാവിലേക്ക് നോക്കി സൃഷ്ടിച്ച ആളിലേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു കരഞ്ഞുകൊണ്ട് പറഞ്ഞു ആയതിനു അധിഷ്ഠാനം നോഭ്യഅ അസ്മഭ്യം പ്രജാനിഹി വിദ്സ്വ ഞങ്ങൾക്ക് ഒരു ഇരിപ്പടം വേണം ഇരിക്കാൻ ഇങ്ങനെ സൃഷ്ടിച്ച വെറുതെ വിട്ടാൽ പോരാ സ്ഥാനം വേണം യെസ്വിൻ ആയുതിനെ പ്രതിഷ്ഠിതാ സമർത്ഥ സത്യ അന്നമാതായ ഭക്ഷയാമ അന്നൊന്നും ഇരുന്നിട്ടല്ലേ വല്ലതും കഴിക്കാൻ പറ്റും അതാ പറയുന്ന യസ്വിൻ ആയുതിനെ പ്രതിഷ്ഠിതാ തരുന്ന അങ്ങ് തരുന്ന ഇരുപരത്തി ഇരുന്നിട്ട് സമർത്ഥ വല്ലതും കഴിക്കാനുള്ള പ്രാപ്തി ഒന്ന് സത്യം അന്നമാതായ ഭക്ഷയാമ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാം ഏമുക്ത ഈശ്വരത്താഭ്യോ ദേവതാഭ്യോ ഗാം ഗവാകൃതി വിശിഷ്ടം പിണ്ടം താഭ്യവാഭ്യ പൂർവോത്പിഡം സമുദ്രത്തെ മൂർച്ഛ ആനയു ദർശിതമാൻ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഈശ്വരൻ ഈ ദേവതകൾക്ക് വേണ്ടി എന്ത് ചെയ്തു ഗാം പശുവിന്റെ ആ രൂപത്തെ പിണ്ടം താഭ്യവാഭ്യ ആ ജലമയമായ പഞ്ചഭൂതങ്ങളിൽ നിന്നും പൂർവത് പിണ്ട സമുദ്രത്തെ ഒരു മൂർച്ഛ അതിനെ തയ്യാറാക്കി സങ്കല്പം കൊണ്ട് ആനയെ ദർശിതവാ പശുവിൻ്റെ രൂപ കാണിച്ചു കൊടുക്കുന്നത് ഞങ്ങൾക്ക് ഒരു ഇരിപ്പിടം വേണമെന്ന് പറഞ്ഞു അപ്പം സൃഷ്ടിച്ചിരിക്കുന്ന ജീവ രൂപത്തിലാണോ ശരീരം വേണോന്ന് നടത്തും അതാണ് ഇരിപ്പിടം ചോദിക്കുന്നത് ഗവാകൃതിയും ദൃഷ്ടൻ ഉടൻ തന്നെ എന്തു ചെയ്തു ഒരു പശുവിന്റെ രൂപത്തെ കാണിച്ചിട്ട് കുറഞ്ഞു അത് കാണിച്ചു ഉടൻ തന്നെ അവർ പറഞ്ഞു എന്താണോ നവയിനു അധിഷ്ഠായ അന്നം അത്തും അയം പിണ്ടോ അലം നവൈ അവരെ സ്വീകരിച്ചില്ല ദേവതകൾക്ക് പശുവിന്റെ രൂപം കൊടുത്ത് അവരങ്ങനെ സ്വീകരിക്കും അവർ സ്വീകരിച്ചില്ല അത് കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ പറഞ്ഞു നവയിനോ അസ്മതർത്ഥം അധിഷ്ഠാനം അധിഷ്ഠായ അന്നം അത്തും അയം പിണ്ടോ അലം നവൈ ഇതൊന്നും ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയൊരു രൂപമല്ല ഇതിലിരുന്നൊന്നൊന്നും കഴിക്കാൻ പറ്റത്തില്ല ഇത് മാറ്റിത്തരണമെന്ന് പറഞ്ഞു അലം പര്യാപ്തവും അത്തും നയോഗ്യ ഇത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞു കുട്ടിക്കെല്ലാം കളിപ്പാ കളിപ്പാട്ടം കൊടുക്കുമ്പോൾ ഒരു വേറെ ഇത് വേണ്ട വേറെ വേണമെന്ന് അതുപോലെ ഈ ദേവന്മാർക്ക് ആദ്യം കൊടുത്തത് എന്തിനാദ്യം അത് കൊടുത്തതെന്ന് ചോദിച്ചാൽ അതൊന്നും അറിയത്തില്ല ആദ്യം പശുവിന്റെ രൂപമാണ് കൊടുത്തത് എന്തുകൊണ്ട് ആദ്യം തന്നെ മനുഷ്യന്റെ രൂപം കൊടുത്തില്ല അവരെ പരീക്ഷിക്കാനായിരിക്കും ഗവി പ്രത്യാഖ്യാതി ഭ്യാസ്യുമാണേ താബ്രുവൻ ശരി അവർ പറഞ്ഞത് വേണ്ട ഞങ്ങൾക്ക് ഇഷ്ടമില്ല അവര് അതിനെ തള്ളിക്കളഞ്ഞു ഉടനെ ഒരു കുതിരയുടെ രൂപം കൊടുത്തു എന്നാ താബ്രുവൻ നവയു അയമാനം അവർ പറഞ്ഞു ഇതും വേണ്ടെങ്കിലും കൊള്ളത്തില്ല കുതിരയായിട്ട് എങ്ങനെ ദേവന്മാര് കുതിരയായിട്ട് നടക്കുന്നെങ്കിൽ സർവപ്രത്യാഖ്യാനെ താപ്യ പുരുഷന്മാനയിൽ വീണ്ടും എന്തൊക്കെ രൂപങ്ങൾ ഉണ്ടാക്കിക്കൊടുത്തു കോഴിയോ പശുവോ എന്തൊക്കെ ഉണ്ടായിക്കൊടുത്തും സർവപ്രത്യാഖ്യാനെല്ലാം കളഞ്ഞു ഇതൊന്നും പറ്റത്തില്ല ഇതിനകത്തിരുന്നിട്ട് ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്തു പുരുഷമാനെ യോനിഭൂതം പുരുഷരൂപത്തെ തന്നെ ഉണ്ടാക്കിക്കൊടുക്കും മനുഷ്യരൂപത്തെ ഉണ്ടാക്കിക്കൊടുത്തു താഹ സുയോ യോനിപുരുഷം ദുഷ്ട അഖിന്നു അഖിന്നാഹ സത്യ സുഹൃതം ശോഭനം ഇതം അധിഷ്ഠാനം അവർ പറഞ്ഞു ഈ മനുഷ്യന്റെ അഭിവം കൊണ്ടപ്പോ അവർ പറഞ്ഞു കൊള്ളാം അഖിന്നാഹ അവരുടെ ദുഃഖമെല്ലാം മാറി സുഹൃതം ശോഭനം കൃതം കൊള്ളാം നല്ല ജോലിയാ ചെയ്തു ആദ്യ ഇതൊക്കെ എന്തിനാ ഉണ്ടാക്കി കാണിച്ചു നേരത്തെ നീതുണ്ടാക്കി പോരായിരുന്നു പറയുന്നു ഇതെല്ലാം ആരാ കണ്ടതെന്നാണ് ഇനി അറിയേണ്ടത് ഇതോ അധിഷ്ഠാനം നന്നായിരിക്കുന്നു അവരുവൻ ആദ്യമാണ് ഭഗവാനും ഈ ദേവതകളും മാത്രമേ ഉള്ളൂ വേറെ ആരെയും സൃഷ്ടിച്ചില്ല മനുഷ്യനെയൊന്നും സൃഷ്ടിച്ചില്ല അപ്പോഴത്തെ കാര്യം പറയാം കൃത്യമായിട്ട് പുരുഷഭാഗോ പുരുഷ ദൈവ സുഹൃതം സർവപുണ്യ കർമ്മഹേതുവ അതുകൊണ്ട് എന്താണോ ദേവന്മാർക്ക് ഇഷ്ടപ്പെട്ട രൂപം ഇത് വെള്ള അജുനാദങ്ങളെന്ന് പറഞ്ഞതുകൊണ്ട് പുരുഷന് സുഹൃതമെന്ന് പറയാം എന്തുകൊണ്ട് ദേവന്മാർക്ക് ഇഷ്ടപ്പെട്ടേൽ അതുകൊണ്ട് സുഹൃതം സർവ പുണ്യകർമ്മ ഹേതു മാത്രമല്ല അവരാ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് സർവ പുണ്യകർമ്മങ്ങൾക്കും ഹേതുവായിരിക്കുന്നു അതുകൊണ്ട് സ്വയം വാസേന ആത്മനാസയും മിച്ചതേ ആ പരമാത്മാവ് സ്വന്തം മായതുകൊണ്ട് സൃഷ്ടിച്ചു മറ്റതങ്ങനെയല്ല ലോകപാലന്മാരെ സൃഷ്ടിച്ച അവരിലൂടെ സൃഷ്ടിച്ചു ഇവിടെ അങ്ങനെയല്ല നേരിട്ട് സൃഷ്ടിച്ചു ദേവന്മാർക്ക് ശരി അതുകൊണ്ടാണ് ശിവനെയും വിഷ്ണുവിനെയൊക്കെ വരയ്ക്കുമ്പോൾ നമ്മളെ പോലെ വരച്ചു ദേവിയും ദേവനെയൊക്കെ വരയ്ക്കുമ്പോൾ മനുഷ്യന്റെ അടുപോലെ വരും അതങ്ങനെ സൃഷ്ടിച്ചതുകൊണ്ടാണ് ദൈവം ആദ്യം സൃഷ്ടിച്ചു മനുഷ്യരൂപത്തെ സൃഷ്ടിച്ചു അല്ലേ ഈ ലോകത്തിനെ ലോകത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ലോകപാലന്മാരും അല്ലെങ്കിൽ ഈ ലോകത്തെ നിലനിർത്തുന്ന ദേവതകൾ ആ ദേവതകളുടെ രൂപം എങ്ങനെയാണ് മനുഷ്യന്റെ രൂപം അവിടുത്തിരിക്കുന്നു അതുപോലെ തമാശയാണ് ദേവന്മാര് മനുഷ്യരെ പോലെ ഷട്ടമുണ്ടോയെന്ന് പറത്തില്ല ദേവിന്മാര് സാരി കൊടുക്കും അസാറിന് നമ്മൾ കാണാറില്ല ദേവന്മാർ ഷർട്ടിട്ടിട്ട് പക്ഷെ ദേവന്മാർ സാരി കൊടുത്ത കാണാതെ ഇതൊക്കെ മനുഷ്യന്റെ ഭാവന അല്ലാതെ ഇങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ ദേവതകൾക്ക് ഇങ്ങനെ മനുഷ്യരുപോ ആ മനുഷ്യന്റെ ഭാവന പറയുന്നത് എന്താണ് ഈ മനുഷ്യന്റെ രൂപത്തിൽ ഉണ്ടാകുക ഏത് ദേവനെ കുറിച്ച് പരമാവധി ചിന്തിച്ചാലും മനുഷ്യന് മനുഷ്യന്റെ രൂപത്തിൽ ചിന്തിക്കാൻ പറ്റും അതിനപ്പുറം ചിന്തിക്കാൻ പറ്റില്ല നാമരൂപങ്ങളോടുകൂടി ചിന്തിച്ച് മനുഷ്യന്റെ രൂപത്തിൽ ചിന്തിക്കും അപ്പോ ഈശ്വര ചൈതന്യം തന്നെ മനുഷ്യന്റെ ഭാവന സങ്കല്പമനുസരിച്ച് ഓരോരുവൊക്കെ പ്രവാണ് ദേവന്മാരും ദേവിമാരും ഇതൊക്കെ ആ ഒരു സങ്കല്പ യഷിമാരുടെ സങ്കല്പം യഷിമാരുടെ ഭാവനയിൽ അവർ കണ്ട കാര്യങ്ങൾ പറയും അല്ലാതെ ദൈവം അവരോട് തിരുന്നു കൊണ്ട് അങ്ങനെയൊക്കെ സൃഷ്ടിച്ചു ഏത് സ്ഥലത്തായിരുന്നത് സൃഷ്ടിച്ചവിടെ വച്ചു അനൊരു സ്ഥലം വേണ്ടേ ഇതെല്ലാം എന്താണോ സൃഷ്ടിയെ കുറിച്ചുള്ള ഋഷിമാരുടെ കൽപ്പനകൾ ഭാവനകളാണ് പറയുന്നത് സ്വയം വാസുനൈവാത്മന സ്വയമായ ഭീകൃതത്വ സുഹൃതമിച്ചതേ അത് ശരിയാണ് ഈശ്വരൻ എന്തായാലും മനുഷ്യരൂപത്തിൽ മനുഷ്യരെ എന്തായാലും സൃഷ്ടിച്ചിരിക്കുന്നു മൃഗങ്ങളെ സൃഷ്ടിച്ചു പ്രാണികളെ സൃഷ്ടിച്ചു സർവീനെ സൃഷ്ടിച്ചു എന്തുകൊണ്ട് സ്വമായാഭീ എൻ്റെ മായാശക്തി ആനന്ദമാണ് പരാശരും വിധിച്ച ശ്രൂയത എന്റെ ആ പരാശക്തി അതുകൊണ്ടിങ്ങനെ നാനാ രൂപങ്ങളെ സൃഷ്ടിച്ചു മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി സൃഷ്ടിയെക്കുറിച്ച് ഇത്രയും ആയിട്ട് മനസ്സിലാക്കണമെന്നില്ല ഈശ്വരൻ തന്റെ ശക്തി കൊണ്ട് ഇതിനെല്ലാം സൃഷ്ടിച്ചു അവര് തമ്മിലുള്ള സംഭാഷണം സൃഷ്ടിച്ചു സൃഷ്ടമായ ദേവതകൾ ഈശ്വരനോട് സംസാരിച്ചു ഉടനെ അതുകൊണ്ടുവന്നു ഇതുകൊണ്ടുവന്നു ഇതെല്ലാം ഭാവനകളാണ് ദേവദാഹ ഈശ്വര അബ്രവീ ഇഷ്ടം ആസാം ഇതം അധിഷ്ഠാനം ഉള്ള മനുഷ്യന്റെ രൂപം കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇത് കൊള്ളാം നന്നായിരിക്കുന്നു ഞങ്ങൾ ഈ രൂപത്തെ ഞങ്ങളെടുത്തോളാം ഇത് മതി ഞങ്ങൾക്ക് മറ്റേ എന്താണ് ആനയുടെയും കുതിരയുടെയും രൂപമൊന്നും വേണ്ട എന്നാലും നമ്മുടെ ദേവതകൾക്ക് ആനയുടെയും കുതിരയുടെ ഒക്കെ രൂപമുണ്ട് അതെങ്ങനെ വന്നു എന്നുള്ളതാണ് ഇവർ ഇവർ പറയുന്നവരൊക്കെ കളികളഞ്ഞാണ് അതൊന്നും വേണ്ട മനുഷ്യന്റെ രൂപം മതി ഇഷ്ടം ഇതം അധിഷ്ഠാനം ഇതും കൊള്ളാം അത് ആ സർവേ ഹി സ്വയനുഷ്വരമന്ത്രി ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഈ പ്രാണികളെല്ലാം അത് ഓരോരോ പ്രാണികൾക്ക് അതാ അത് ഇഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത് അതാതിൻ്റെ ശരീരത്തെ അത് അതാത് ശരീരത്തിൽ അത് ആനന്ദിക്കുന്നത് അതാത് ശരീരത്തെ ഇഷ്ടപ്പെടുന്നത് ഈശ്വരൻ സൃഷ്ടിച്ചു കൊടുത്ത് മനുഷ്യന് സൃഷ്ടിച്ചു കൊടുത്തതിൽ മനുഷ്യൻ ആനന്ദിക്കുന്നു മറ്റ് പ്രാണികൾക്ക് സൃഷ്ടിച്ചു കൊടുത്തിൽ അത് ആനന്ദിക്കുന്നു എന്തുകൊണ്ട് അത് ഈശ്വരൻ സൃഷ്ടിച്ചു കൊടുത്തു അതിന് പക്ഷെ എന്നാലും ദേവന്മാർക്ക് കൊടുത്തപ്പോൾ അവർ തള്ളിക്കളഞ്ഞു മനുഷ്യൻ്റെ സ്വീകരിച്ചു ബാക്കിയുള്ളതിനൊക്കെ വീഴ്ച അതോ യഥായധനം യസ്യ വനാതിക്രിയ യോഗ്യമായധനം തത്പ്രവിശ്യത്തെ അതിന് ചുരുക്കം ഇതാണ് ഈ ജീവന്മാരെല്ലാം അവർക്കിഷ്ടപ്പെട്ട ഈ ഓരോരോ രൂപങ്ങളിലേക്ക് അങ്ങ് പ്രവേശിച്ചു വചനാധിക്രിയ യോഗ്യം ഓരോന്നിനും ഓരോ ജീവന്മാർക്കും മനുഷ്യ ശരീരത്തിലാണെങ്കിൽ ഇതുപോലെ സംസാരിക്കും പശുവിൻ്റെ ശരീരത്തിലാണെങ്കിൽ അത് സംസാരിക്കും പോലെ സംസാരിക്കും വചനാധിക്രിയോഗ്യം പക്ഷികളുടെ ശരീരത്തിലാണെങ്കിൽ അത് ജലിക്കുന്നത് പോലെ ജലിക്കും അങ്ങനെയുള്ള ഇതിലേക്ക് സർവ്വ ജീവജാലങ്ങളും പ്രവേശിച്ചു ദേവന്മാരെ ചെയ്തു ഈ മനുഷ്യന്റെ ശരീരത്തെ സെലക്ട് ചെയ്തു എന്നാണ് അപ്പൊ ഈശ്വരനിലെല്ലാം മുമ്പ് വെച്ച് കൊടുത്തു നമുക്ക് ഇഷ്ടമുള്ള എടുത്തോളാന്ന് പറഞ്ഞു ദേവന്മാരും മനുഷ്യന്റെ ശരീരത്തെ എടുത്തു ഈ ഭാഗങ്ങളെല്ലാം പലരും പലതരത്തിലും വ്യാഖ്യാനിക്കുന്ന കേട്ടിട്ടുണ്ട് ഓരോരുത്തരുടെ ഭാവനയും സങ്കല്പമൊക്കെ അനുസരിച്ചു ഇതൊക്കെ വായിക്കുമ്പോൾ എനിക്കൊരു തമാശ പോലെ തോന്നുന്നു അതുകൊണ്ട് എനിക്ക് വലിയ ഭാവനയൊന്നും വരുന്നില്ല കൂടുതൽ വ്യാഖ്യാനിക്കാനും പറ്റുന്നു ഇതിന്നും പലരും പലതും കണ്ടുപിടിക്കുന്നുണ്ട് അങ്ങനെയൊന്നും കണ്ടുപിടിക്കാനുള്ള ബുദ്ധിവൈഭവം എനിക്കിന്ന് ഒരു കഥ വായിക്കുന്നതുപോലെയുള്ളൂ പഴയ കാലത്ത് നോവലൊക്കെ വായിച്ചതുപോലെ അത്രേയുള്ളൂ ഇതിന്റെ അക്ഷരാർത്ഥം എടുത്ത് ഒന്നും മനസ്സിലാക്കാൻ ഇതിൽ മാത്രം മനസ്സിലാക്കാം ശ്രീര താൽപ്പര്യം ഈ നാനാ ജീവജാലങ്ങളെ ഒരു സൃഷ്ടി കടത്താവ് സൃഷ്ടിച്ചു ഈ നാനാ ജീവജാലങ്ങൾക്കും വേണ്ട സൃഷ്ടിച്ചു എന്ന് വെച്ചാൽ ശരീരങ്ങളെ സൃഷ്ടിച്ചു ഒരു സുപ്രഭാതത്തിൽ ദൈവം ഇരുന്നുകൊണ്ട് ഇന്നലെ ഓരോ ശരീരത്തെയായി സൃഷ്ടിച്ചു ഇന്നെല്ലാം കൽപ്പിക്കുന്ന ആ സംബന്ധമാണ് സൃഷ്ടി വളരെ വിചിത്രമാണ് അതിൽ എന്താ അന്ന് പശുവിനെ സൃഷ്ടിച്ചു പിന്നീട് ഇന്ന് ഇന്ന് പശുവിനാരാ സൃഷ്ടിക്കുന്നത് ഇന്ന് മനുഷ്യനാരാ സൃഷ്ടിക്കുന്ന മനുഷ്യന്മാരാ പശുവിനെ സൃഷ്ടിക്കുന്നത് പശുക്കള ഇന്നെവിടെയെങ്കിലും മനുഷ്യന്റെ ശരീരം സൃഷ്ടി വെച്ചിട്ട് അങ്ങോട്ട് കയറാൻ പറയുന്നുണ്ട് ആരുടെങ്കിലും ഇല്ലല്ലോ അപ്പൊ സൃഷ്ടി ഇങ്ങനെ നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടി കടത്താവുന്നു അവിടെ ആദ്യം ഒരു സൃഷ്ടി പിന്നീട് ലോകപാലന്മാരെ സൃഷ്ടിച്ചു ദേവതകളെ സൃഷ്ടിച്ചു ഈ സൃഷ്ടിക്ക് ഇതിനെ നിയമിക്കുന്ന ചില ശക്തികളുണ്ട് അതിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവന്മാർ ശരീരത്തെ സ്വീകരിക്കുന്നു ഇത്രയും നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്ന രീതി മനസ്സിലാക്കാം ബാക്കി സംഭാഷണ കഥകളെല്ലാം അവർ താൽപ്പര്യത്തെ മനസ്സിലാക്കുക ഒന്നുണ്ടെന്താണ് ഈ സൃഷ്ടിയിൽ ആദ്യ ഭൗതികം ആധ്യാത്മികം ആദ്യ ദൈവികം ഇന്ന് മൂന്ന് ഭാവങ്ങളുണ്ട് അത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കും സൃഷ്ടി എന്ന് പറയുമ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ അടുത്ത് പറയാൻ അഗ്നിർവാഗ് ഭൂത്ത് മുഖം പ്രാവിശ്യ വായു പ്രാണോ ഭൂത്ത് നാസിക ആദിത്യ ചക്ഷർഭൂത്ത് അക്ഷിണി പ്രാവിശ്യ ദിശഹസ്രോത്രം ഭൂത്ത് കർണു പ്രാവിശ്യ ഓഷധിവനസ്പതിയോ ലോമാനി ഭൂത്ത ത്വജം പ്രാവിശ ചന്ദ്രമാമനോ ഭൂത്ത ഹൃദയം പ്രാവിശ്യൻ മൃത്യുരപഹാനോ ഭൂത്ത നാഭിം പ്രാവിശ് ആപോരേതോ ഭൂത്ത ശിഷണം പ്രാവിശ്യൻ ഈ ശരീരത്തിലെ സർവകർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും അവയവങ്ങളുമെല്ലാം അതാ അതിൻ്റെ അധികരണം നേരത്തെ പറഞ്ഞ് അധികരണത്തിലിരിക്കുന്നു ഇവയെല്ലാം കർണങ്ങളായി പ്രവർത്തിക്കുന്നു അധികരണത്തിൽ കർണങ്ങൾ ഈ കാണുന്ന കണ്ണാധികരണമാണെങ്കിൽ അതിൽ കരണമായിരിക്കുന്നത് കണ്ണ് അതിസൂക്ഷ്മമായിരിക്കുന്നു ഇതിനെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷം അതിനാണ് ദേവത അതെന്താണ് അത് ചൈതന്യമാണ് അത് കേവലം നമ്മൾ ധരിക്കുന്ന പോലെ ഊർജ്ജം അതിന് പിന്നിലുള്ള ചൈതന്യമാണ് അതാണ് അതിന് ദേവതാഭാവം എന്ന് പറയുന്നത് ആ ദേവതാ അനുഗ്രഹത്തോടുകൂടി അത് പ്രവർത്തിക്കുന്നു അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളും ഓരോ കർണങ്ങളും എന്തുകൊണ്ട് ഈ സമഷ്ടി ഒരു ചൈതന്യത്തെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത് വലം ഒരു ഊർജ്ജം എനർജി എന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ശരീരത്തിൽ നിന്ന് ജീവൻ പോയെന്നിരിക്കട്ടെ ചൈതന്യം പോയെന്നിരിക്കട്ടെ കണ്ണുണ്ട് കണ്ണിൽ ഊർജമുണ്ട് കണ്ണ് സ്വയം തന്നെ ഊർജമാണ് പക്ഷെ അതിനെന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടോ കഴിയുന്നില്ലല്ലോ എല്ലാ പിണ്ടവും ഊർജമയമാണ് പക്ഷെ അതിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ഓരോ ഇന്ദ്രിയങ്ങളും ഓരോ പ്രത്യേക ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ണ് കാണുന്നു ചെവി കേൾക്കുന്നു നാക്ക് വധിക്കുന്നു ഇത് എന്തിനെ ആശരിച്ച് പ്രവർത്തിക്കുന്നു ചൈതന്യത്തെ ചൈതന്യം എന്ന് പറഞ്ഞാൽ എന്താ ഊർജമല്ല ബോധം ആ ബോധത്തെ ആസ്വരിച്ച് പ്രവർത്തിക്കുന്നു ചിന്മയമായി പ്രവർത്തിക്കുന്നു എന്നറിയും ബോധമയമായി പ്രവർത്തിക്കുന്നു അത് ഊർജ്ജമല്ല കാരണം ഊർജ്ജമുണ്ട് മരണശേഷം ഇവിടെ ഊർജ്ജത്തിന് കുറവൊന്നുമില്ല പക്ഷെ ബോധമില്ല അച്ചിന്മയമായ ഒരു ശക്തിവിശേഷം ഇതിലില്ല മരിച്ച ശരീരത്തിൻ്റെ അണ്ണം കണ്ണിരിക്കുന്നുണ്ട് പക്ഷെ കാണുന്നു അപ്പം അച്ചിന്മയമായ ആ ശക്തി അതാണ് ഇതിനെ പ്രവർത്തിപ്പിക്കുന്നത് അതാണ് എന്ന് പറയുന്നത് അതുണ്ടെങ്കിൽ ഇതിനെ പ്രവർത്തിക്കാൻ പറ്റും അത് സമഷ്ടിയിലും മിഷ്ടിയിലും ഒരുപോലെ കാണും ഇവിടെ കണ്ണ് അത് പ്രകാശിക്കുന്നു ആ പ്രകാശത്തിൻ്റെ പിന്നിലൊരു അത് പ്രകാശിക്കുന്നെങ്ങനെ ബോധരൂപത്തിലാണ് പ്രകാശിക്കുന്നു കണ്ണുകൊണ്ട് സംഭവിക്കുന്നത് എന്നാണ് കാഴ്ച ആ കാഴ്ച ഇവിടെ സംഭവിക്കുന്നു അന്തക്കണ്ണ് അത് അത് പ്രകാശ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ബാഹ്യമായ ഒരു ആതിഥ്യം അതും പ്രകാശ രൂപത്തിലിരിക്കുന്നു അപ്പോൾ ഇവിടെ വഷ്ടിയിൽ ഇങ്ങനെ ഒരു ദേവതയിരിക്കുന്നെങ്കിൽ അവിടെ സമഷ്ടിയിലും ഒരു ദേവത ഉണ്ടായിരിക്കണം അങ്ങനെയാണ് ഇവിടെ പറയുന്നത് അഗ്നി വാഗ്ഭൂത്വ മുഖം പ്രാവശ്യത്ത് അഗ്നി വാഗ്ദേവതയായി വായുലേക്ക് പ്രവേശിച്ചു ഇവിടെ ഒരു ചൈതന്യമുണ്ട് വായു പ്രാണോ ഭൂത്ത്വ നാസിക ആ ദേവത പ്രാണനായി നാസികയിൽ അത് പ്രവർത്തിക്കുന്ന സ്ഥാനത്തെ പറയുന്നത് നാസികയെ പ്രാവശ്യം ആദിത്യ ചക്ഷുർഭൂത്വാക്ഷിണിയെ പ്രാവശ്യം ആദിത്യൻ ചക്ഷുദേവതയായി ഈ കണ്ണിൽ പ്രവേശിച്ചു അപ്പോൾ ഈ കാണുന്ന അക്ഷിണി കണ്ണുകൾ അതിൽ മറ്റൊരു ദേവതാരൂപത്തിൽ ഇരിക്കയാണ് ചൈതന്യ രൂപത്തിൽ അപ്പം ഇത് ശരീരത്തിൽ മാത്രമല്ല വേദം പറയുന്നത് സമസ്ത പ്രപഞ്ചത്തിലും ഒരു മണൽ തെറിയിലായാലും ശരി അതിനെല്ലാം ഒരാതി എന്റെ ആധ്യാത്മികം എന്ന് പറയുമ്പോൾ അതിന്റെ ബെഷ്ടിരുവും ആദ്യ ഭൗതികമെന്ന് പറയുമ്പോൾ അതിന്റെ സമഷ്ടിരും ഇതിന്റെ എല്ലാം പിന്നിൽ ഒരു ചൈതന്യം ആ ഒരു തത്വം വെളിപ്പെടുത്താനായിരിക്കും ഇവിടെ ഇങ്ങനെ കഥ പോലെ ഒരു തമാശ പോലെയൊക്കെ ഇത് പറയുന്നത് ഇത് ചിന്മയമാണ് സർവവും അതിന്റെ പിന്നിൽ ഈശ്വര ചൈതന്യം ആ ഈശ്വര ചൈതന്യം എന്ത് ചെയ്യുന്നു ഇതിനെയൊക്കെ സൃഷ്ടിച്ച് എങ്ങനെയാണോ ഈ ശരീരത്തിൽ ഈ കണ്ണിനെ നിയന്ത്രിക്കുന്നതിനൊരു ദേവത ഏർപ്പെടുത്തിയത് അതുപോലെ സമഷ്ടിയിലൊക്കെ ഈ പ്രകാശത്തെ നിയന്ത്രിക്കുന്നതിനവിടെ ഒരു ദേവതയെ ഏർപ്പെടുത്തി രണ്ടു ഒന്ന് തന്നെ എന്ന് പറയും ആദിത്യനുരിക്കുന്ന ദേവത അത് തന്നെ ചക്ഷുഷി കണ്ണിൽ എന്ന് പറയും അത് തന്നെ ഇവിടെയും പറയും പെങ്കുവരുന്നു ഒരേ ദേവത തന്നെ രണ്ടിടത്തും വരുന്നു ഒരേ ചൈതന്യം തന്നെ അങ്ങനെ അതിന്റെ ഏകത്വത്തെ സമർപ്പിക്കുന്നു ശ്രോത്രം ഭൂത്തു കണ്ണൂർ പ്രാവശ്യം ശ്രോത്രമായ കണ്ണുകളിൽ പ്രവേശിച്ചു ഓഷധി വനസ്പതയോ ലോമാനി ഭൂത്വ ഈ ശരീരത്തിലുമുണ്ട് രോമങ്ങൾ ഈ പൃഥ്വിയിലും ഉണ്ട് രോമങ്ങൾ അതിന്റെ രോമങ്ങളാണെന്ത് ഓഷധി ഈ സസ്യജാലങ്ങളല്ല അതുപോലെ ത്വചം പ്രാവശ്യം ചന്ദ്രമാ മനോഭൂത്വ ഹൃദയം പ്രാവശ്യം ചന്ദ്രദേവത മനസ്സായി ഹൃദയത്തിൽ പ്രവേശിച്ചു മനസ്സിനു ദേവതയുണ്ട് ചന്ദ്രൻ മനസ്സിന്റെ തരളത പോലെയുള്ള സ്വഭാവങ്ങൾ ആ ചന്ദ്രനും കാണുന്നു അപാനോ ഭൂത്തുവാൻ നാഭിം പ്രാവശ്യം അപാനനായി നാഭിയെ പ്രവേശിച്ചു ആപുരേത്തോ ഭൂത്തുവാ ശിക്ഷണം പ്രാവശ്യം ആപ ജനം രേതസ്ഥായി ശിശനത്തിൽ ജനനേന്ദ്രിയത്തിൽ പ്രവേശിച്ചു ഇങ്ങനെ ഈ ശരീരത്തെ നിലനിർത്തി ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന നമ്മൾ ഭൗതികമെന്ന് കരുതുന്ന എല്ലാ ശക്തിക്കും പിന്നിൽ ഒരു ചൈതന്യമുണ്ട് ഒരു ബോധമുണ്ട് നമ്മൾ ഭൗതികമായി പഠിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു കണ്ണു തന്നെ എടുക്കുന്നു മനസിലാക്കുന്നു ഉപകരണങ്ങളിലൂടെ മനസ്സിലാക്കുന്നു അവിടെ സർവ്വത്ര നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ അവിടുത്തെ ഊർജത്തിന്റെ പ്രവർത്തനങ്ങളാണ് അത് നമ്മൾ പഠിക്കുന്നു ഉപകരണങ്ങളിലൂടെ അതിൻ്റെ പ്രവർത്തനങ്ങളും ഈ ഹൃദയം എന്ന് പറയുന്നു അതിനെ പഠിക്കുന്നു തലച്ചോറിനെ പഠിക്കുന്നു സർവ്വത്ര നമ്മൾ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പഠിക്കുന്നതല്ല ഊർജ്ജത്തിന്റെ എനർജിയുടെ ഇതാണ് അതുകൊണ്ടാണല്ലോ കണ്ണിന്റെ കാഴ്ച അളക്കാൻ പറ്റും തലച്ചോറിന്റെ പ്രവർത്തനം അളക്കാൻ പറ്റും ഉപകരണങ്ങളുണ്ട് അളക്കുന്ന എന്തിനെയാണ് ഊർജ്ജത്തെ എന്തുകൊണ്ടക്കുന്നു ഊർജ്ജം കൊണ്ടക്കുന്നു അത്രേ പറ്റും അതെന്താണ് ആധ്യാത്മികം അതിനക്കുന്ന ആധ്യാത്മിക ഭാവം അതിനൂടെ ആധ്യാത്മികം എന്ന് പറഞ്ഞു എന്നതിന്റെ ഈ ജീവാത്മ സംബന്ധിയായിരിക്കുന്നതിന്റെ അത് ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞതിന്റെ അതിന് ആ പ്രാണന്റെ ഭാവങ്ങളാണ് പ്രാണനെന്ന് പറയുന്ന എന്താണ് ആ ഊർജത്തിന്റെ ഒരു ഭാവം പക്ഷെ അവർക്ക് ചൈതന്യത്തെ അളക്കാൻ പറ്റുന്നുണ്ട് ആ ചൈതന്യത്തെ ദേവത എന്ന് പറയുന്നത് ദേവതയെ കുറിച്ച് നമുക്ക് ഒരുപാട് പഠനം നടത്താം പക്ഷെ അതിന്റെ ദേവതയെ പഠിക്കാൻ പറ്റത്തിൽ എന്തുകൊണ്ട് ഇത് പഠിക്കുന്നവനാണ് കണ്ണിന്റെ ദേവത കണ്ണിനെ കുറിച്ച് നമ്മൾ ഭൗതികമായി പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് അതിൽ നിന്ന് ഒരുപാട് തിയറിയൊക്കെ കണ്ടുപിടിക്കുന്നു ഇതാരാ ഇത് കണ്ണിനെ നോക്കി പഠിക്കുന്നത് അവിടെയാണ് ദേവതയിരിക്കുന്നത് കണ്ണിനെ കാണുന്നവൻ കണ്ണിന്റെ പിന്നിലിരിക്കുന്ന ദേവത ആണ് കണ്ണിലൂടെ കണ്ട് ഈ കണ്ണിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അവിടെയാണ് ദേവത പ്രവർത്തിക്കുന്നത് അല്ലെ ചൈതന്യം ബോധം അതല്ലേ പ്രവർത്തിക്കുന്നു അത് മനസ്സിലാക്കി തരികയാണ് കാണുന്നവന്റെ കണ്ണിന് ഒരു ദേവതയുണ്ട് ഒരു ചൈതന്യമുണ്ട് ബോധമുണ്ട് കണ്ണിന് എന്തെങ്കിലും തകരാറ് പറ്റിയാലോ പിന്നെ ആ ദേവത അത് ശരീരവും ഉണ്ടായി കൊടുത്തു പറഞ്ഞു നല്ല ശരീരം വേണം നല്ലതാണെങ്കിൽ ഞങ്ങളത് ഇരിക്കത്തുള്ളൂ മോശമാണ് ഞങ്ങളത് ഇരിക്കത്തില്ല നേരത്തെ നേരത്തെ തന്നെ പറഞ്ഞിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് തന്നെ അവരെടുത്ത് അതിലിരിക്കുകയാണ് അപ്പോൾ ശരിയായ കണ്ണാണെങ്കിൽ അവിടെ ഇരിക്കും ശിവരം ബാധിച്ചു കഴിഞ്ഞാൽ കളഞ്ഞിട്ടുള്ളൂ ശരിയാക്കിയാൽ വീണ്ടും വന്നിരിക്കും അതാണ് ദേവതയുടെ പ്രവർത്തി ഈ കണ്ണിൻ്റെ ഡോക്ടർ ആയുഷ്കാലം മുഴുവൻ കണ്ണിനെ പഠിക്കുന്നു പക്ഷെ ആരായി പഠിക്കുന്നത് ഈ പ്രവർത്തിക്കുക ചെയ്യുന്ന കണ്ണിൻ്റെ ദേവതയാണ് എന്നു വെച്ചാൽ കണ്ണിൻ്റെ പിന്നിലൊരു ശൈതന്യുണ്ട് ഞാൻ ആദി ദൈവിക ഭാവം അത് മനസ്സിലാക്കുന്നു കണ്ണിനെ അതെന്ത് മനസ്സിലാക്കുന്നു ഈ കണ്ണിൻ്റെ ഊർജ പ്രവർത്തനങ്ങളും മറ്റും മനസ്സിലാക്കുന്നു എൻ്റെ വ്യത്യാസം അതാണ് നമ്മള് കണ്ണിനെ കുറിച്ചോ ചെവിയെ കുറിച്ചോ മൂക്കിനെയൊക്കെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്നതെല്ലാം ആദ്യ ഭൗതിക രൂപം സയൻസില് അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒന്നാം ഈ ഇതിനെ പഠിച്ചിട്ട് ദേവതയെ മനസ്സിലാക്കാൻ പറ്റത്തില്ല തലശോറിനെ പഠിച്ചിട്ട് ആത്മാവിനെ മനസ്സിലാക്കാൻ പറ്റത്തില്ല മനസ്സിനെ പഠിച്ചിട്ട് ഇവിടെ അതിന്റെ പിന്നിലിരിക്കുന്ന ആ ദേവതയെ ഇവിടെ എന്താണ് പറഞ്ഞത് ചന്ദ്രൻ മനോഭൂ ഹൃദയം പ്രാവശ്യം ഹൃദയം അതിന്റെ അധികാരണമായി മനസ്സെന്ന് പറയുന്ന കർണമായി പക്ഷെ ഇവിടെ ഒരു ദേവതയുണ്ട് ആ ദേവതയെ മനസ്സിലാക്കാതെ മനസ്സിനെ പഠിച്ചു കഴിഞ്ഞു മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഉപകരണം കൊണ്ട് മനസ്സിലാക്കാറുണ്ട് അത് ചലിക്കുന്നത് ചലിക്കാത്തതല്ല ഹൃദയം ചലിക്കുന്നതും ജനിക്കാത്തതും ഇല്ല എല്ലാം ഇവിടെ ഉപകരണങ്ങളാണ് പ്രവർത്തിക്കുന്നത് ഇതാരാ പഠിക്കുന്നത് പഠിക്കുന്നത് ദേവതയാണ് ചൈതന്യം പിന്നിട്ടുണ്ട് അതിനെ ഉപകരണം കൊണ്ട് പഠിക്കാൻ പറ്റത്തില്ല ആത്മാശ്രയദോഷമൊന്നും അതിന് ഊർജ്ജത്തെ പഠിക്കാൻ പറ്റും ഊർജത്തിന്റെ പ്രവർത്തനങ്ങളെ പഠിക്കാൻ പറ്റും അപ്പൊ ഇവിടെ ഇത് മൂന്നും വേർതിരിച്ച് പറയാണ് അങ്ങനെ അധികരണം കരണം ദേവത എന്തിന് ഇവിടെ പ്രാധാന്യം അധികരണത്തിനോ കരണത്തിനോ അല്ല ദേവതയ്ക്കാണ് അതെന്താണ് ചൈതന്യമാണ് ഗഷ്ടിയിലെങ്ങനെയാണോ ഈ ചൈതന്യം ഇരിക്കുന്നത് അതുപോലെ ഈ സമഷ്ടിയിലും ഒരു ചൈതന്യം ഇരിക്കുന്നു ആ സമഷ്ടിയിലിരിക്കുന്ന ചൈതന്യത്തെ പറയും ലോകപാലൻ ഈ സർവ്വഹൃദയങ്ങൾക്കും കൂടി ഒരു ഹൃദയമുണ്ട് സർവ്വ കണ്ണിനും കൂടി ഒരു കണ്ണുണ്ട് എന്ന് പറയുന്നതാണ് അത് ഇതിന്റെ എല്ലാം പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ജീവനോട് ചേർന്നിരിക്കുന്ന ഈ ചെറിയ ദേവത ആ ദേവത ബാഹ്യമായ ഉള്ളേക്ക് പഠിക്കുന്നു അതാണ് നമ്മൾ പറയുന്നത് ഭൗതികശാസ്ത്രം ഈ ദേവതയെക്കുറിച്ച് മനസ്സിലാക്കാതെ അത് പൂർണ്ണമാകത്തില്ല ശ്രുതി പറയുന്നു ആ ദേവതയെ കുറിച്ചുകൂടി മനസ്സിലാക്കുക അപ്പം ഇതൊന്നാണെന്ന് മനസ്സിലാവും അങ്ങനെ എങ്ങനെയാണ് ഈ കണ്ണിലിരിക്കുന്ന ദേവതയും ആദിത്യിരിക്കുന്ന ദേവതയും ഒന്ന് ഈ മനസ്സിലിരിക്കുന്ന ദേവതയും ചന്ദ്രനിരിക്കുന്ന ദേവതയും ഒന്ന് അങ്ങനെ ഏകത്വത്തെ ശ്രദ്ധിക്കുന്നു ഇതൊരു ഉപാസന എന്നുള്ള നിലയ്ക്കായിരുന്നു ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരാൾ ഉപാസിക്കുന്നു ഈ ജീവനെ ആശ്രയിച്ചിരിക്കുന്ന ഈ ശരീരത്തിലെ ഓരോ കർണങ്ങളെയും പ്രവർത്തിപ്പിക്കുന്ന ദേവതകളാണ് ഉപാസിക്കുന്നത് ഈ ദേവതകൾക്കാണ് പിന്നെ ഇഷ്ടമുള്ള രൂപം നമ്മൾ കൊടുക്കുന്നത് സൂര്യദേവനോ ചന്ദ്രദേവനോ ഇവിടെ എന്താണ് യമന്മരെയുണ്ട് മൃത്യവും ഈ ദേവന്മാർക്കെല്ലാം നമ്മൾ ഓരോ രൂപങ്ങൾ നമുക്കിഷ്ടമുള്ള രൂപങ്ങൾ കൊടുക്കുന്നു ദേവതാന്ന് പറയുന്നത് ചൈതന്യ രൂപ നമ്മൾ ഈ ദേവതയ്ക്കൊരു രൂപത്തെ സങ്കല്പിച്ചിട്ട് ധ്യാനിച്ചു കഴിഞ്ഞാൽ ഈ ദേവതകളെല്ലാം ആ രൂപത്തിൽ പ്രകടമാകും കാരണം ചൈതന്യത്തിന് ഏത് രൂപത്തിൽ സ്വീകരിക്കാൻ പറ്റും ആ രൂപത്തിൽ ഇതെല്ലാം പ്രകടമാകും അതാണ് ഇവിടെ പറയുന്നത് अशनाया पिपासे अशनायापासे अब्रूता आवाभ्याजी ते अब्रवी दसु आज एक भागन्यू कौमी തസ്സി കവിർഹ്യത്തെ ഭാഗി അയാസെ ധിഷ നിരധിഷ്ടശന പെ തീശ്വരം അബ്രൂതം അഭിപ്രീഹ ചിന്ത സ ഈശ്വരം ഉത്തര പാസീ അബ്രവീന യുവോ ഭരൂപേ അനുഭവം സംഭവത്തിസ്മാ ൃത്തിസം വിഭാവേനുഗൃമു ഭിന്ദ്ദേ യോ ഭാഗോ ഹവിരാദി ലക്ഷണ സ ീതിരേത്മാമൃത ചരക്കോടാശാദിശന പാസെപ്പം ഐശ്വര്യനെന്ത് ചെയ്തു ഇവർ രണ്ടുപേരെ സൃഷ്ടിച്ചു ഇവിടെ അവർക്ക് പ്രത്യേകിച്ച് സ്ഥാനമൊന്നും പറഞ്ഞില്ല ഓരോരുത്തർക്കും ഇവിടെ സ്ഥാനം കിട്ടി സൃഷ്ടിച്ച ഓരോ ദേവതകൾ വിശപ്പിനും എന്താ പ്രത്യേകിച്ച് സ്ഥാനമൊന്നും അവര് പറഞ്ഞു എന്താണ് അശ്വനായ പിപ്പാസി അബ്രൂഹമാർ രണ്ടുപേരും പറഞ്ഞു ദൈവത്തിനോട് മറ്റു ദേവതകൾ പറഞ്ഞല്ലോ കൊള്ളാം നല്ല ശരി ഞങ്ങക്ക് തരുവ ഞങ്ങൾ ഇതെടുത്തോളാം എന്നൊക്കെ പറഞ്ഞു ഓ ഈ അശനാ പിപ്പാസ് ഇവർ രണ്ടുപേര് വിശപ്പിനിന്ദ്രം ഈശ്വരൻ മൈൻഡ് ചെയ്തില്ല അപ്പൊ അവരങ്ങോട്ട് പറഞ്ഞു എന്താണോ ഏവൻ ലബ്ധ അധിഷ്ഠാനാസു ദേവതാസ്തു മറ്റ് ദേവതകൾക്കെല്ലാം ഓരോ സ്ഥാനം കിട്ടി നിരധിഷ്ഠാന സത്യവും അശ്വനായ പിപ്പാസ് ഇവർക്ക് രണ്ടുപേർക്ക് സമീശ്വരം അബ്രുദ മുക്തപത്യു രണ്ടുപേരും പറഞ്ഞു ആവാഭ്യം അധിഷ്ഠാനം അഭിപ്രായീഹി ഞങ്ങൾക്കൂടി ഒരു സ്ഥാനം കൽപ്പിച്ചു തന്നാലും ചിന്തയ വിധസ്സു അതെന്ന് ആലോചിച്ച് വേണം ഞങ്ങൾക്ക് പറ്റിയ സ്ഥാനം വേണം അങ്ങോട്ട് പറയണം ദൈവത്തിനോട് സീശ്വര വിമുക്തേ ഇവരത് പറഞ്ഞു കേട്ടപ്പോ ദൈവത്തിനും പ്രയാസം തന്നെ അത് അത് താൻ മറന്നുപോയല്ലോ കാര്യം അസനായ പിപ്പാസ അബ്രഹീദ് അവരോടും രണ്ടുപേരോടും പറഞ്ഞു ശരി നിങ്ങള കാര്യം ഞാൻ വിട്ടുപോയി പക്ഷെ എന്താണ് രൂപത്വേദന വസ്തു അനാശ്രത്യ അതൃത്വം സംഭവതി പറഞ്ഞു ശരിയാണോ നിങ്ങളുടെ രൂപം തന്നെ കണ്ടിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല അസനാ പിപ്പാസ അത് സൂര്യനെയോ ചന്ദ്രനെയോ പോലെ ആണോ അല്ല ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് എന്തിനെങ്കിലും ഒരു ചേതനെ ആശ്രയിക്കാതെ നിങ്ങൾക്കൊന്നും ഭക്ഷിക്കാൻ പറ്റത്തില്ല ഭക്ഷിക്കണമെങ്കിൽ ഒരു ചൈതന്യത്തെ ആശ്രയിക്കണം അതുകൊണ്ട് തസ്മ ദേവദാസു അഗ്ദാധ്യാസു വാം യുവാം ദേവദാസു അധ്യാ അതിദേവദാസു ആ ഭജാമി ഒരു കാര്യം ചെയ്യാം നിങ്ങളെ ഞാൻ ഈ അധ്യാത്മവും അതിഥിപൂവുമായി ഈ ദേവതകളിൽ തന്നെ നിങ്ങൾക്കൊരു സ്ഥാനം തരാം മറ്റുള്ളവർക്കെല്ലാം സ്ഥാനം കൊടുത്തല്ലോ മനസ്സിന് ഹൃദയം എന്ന് പറയുന്നൊരു അതുപോലെ എന്താണ് അഗ്നിക്ക് ചക്ഷു എന്ന് പറയുന്നത് ആദിത്യന് ചക്ഷു എന്ന് പറയുന്ന ഒരു സ്ഥാനം കൊടുത്തു അഗ്നിക്ക് വാക്കെന്ന് പറയുന്ന ഒരു സ്ഥാനം കൊടുത്തു നിങ്ങൾക്ക് എന്ത് ഈ ദേവതകൾ തന്നെ നിങ്ങളുടെ സ്ഥാനത്ത് അതെങ്ങനെ ആധ്യാത്മികവും അതിദൈവവും ദൃഷ്ടി സമഷ്ടി നമ്മുടെ ഈ ദേവതകൾക്ക് തന്നെ നിങ്ങൾക്ക് സ്ഥാനം തരാം വൃത്തിയും ഇരിപ്പിടം സംവിഭാഗേന അനുഗ്രഹാമി തരാം യഥാ സുഭാഗിന്യു യദ്ദേവത്യു യോ ഭാഗോ ഹവിരാദിക്ഷൻ ഹസ്യ തസ്യഹക്തേന ഇവ ഭാഗേന ഭാഗിന്യോ ഭഗത്യോ നിങ്ങൾക്കൊരു ഞാൻ ഇവിടെ മനുഷ്യർ ദേവതകൾക്കും മറ്റും ഹവിസും മറ്റും അർപ്പിക്കുമ്പോൾ നിങ്ങൾക്കും അത് വിശപ്പുന്ത ഒരാണല്ലോ അത് സ്വീകരിക്കുന്നത് ദേവതകളിൽ ഇരുന്നുകൊണ്ട് ഭാഗവത് യുവാം കരവും ഭീതി സൃഷ്ടിയാവോ ഈശ്വര ഏവം വിദ്ധത അങ്ങനെ എന്താണ് സൃഷ്ടിയുടെ ആദി ഈശ്വരൻ അങ്ങനെ ഒരു വ്യവസ്ഥ ചെയ്തു വെച്ചു എന്നുവെച്ചാൽ എന്താ ചെയ്തത് ഈശ്വരൻ ഈ വിശപ്പുന്ദാഹവും കറവർക്കും കൊടുക്കും വൃഷ്ടിയിലും സമഷ്ടിയിലും കൊടുത്തു നടക്കും ദേവതകൾക്കും കൊടുത്തു അതുകൊണ്ടാണ് ജീവൻ ഹവിസർപ്പിക്കുന്നു ഹവിസ് എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നു ഈ ദേവതകൾ അത് കിട്ടിയില്ലെങ്കിൽ അവർക്ക് വിശക്കും ദാഹിക്കും അത് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ വിശപ്പുമാരും ദാഹന്മാരും അവർ സന്തോഷിക്കും സന്തോഷിച്ചിട്ട് ഈ ജീവന്മാരെയൊക്കെ അനുഗ്രഹിക്കും അതുകൊണ്ടെന്താണോ ഈ ദേവതകളെ പോയി പ്രാപിച്ചു കഴിഞ്ഞാലും വിശക്കും ദാഹിക്കുകയും ചെയ്യും അതുകൊണ്ട് നേരത്തെ പറഞ്ഞെന്താണ് ദേവദാപ്യ ലക്ഷണ സംസാര ഈ ദേവതയെ പ്രാപിക്കുക എന്ന് സംസാരമാണ് അത് പറയാൻ വേണ്ടിയിട്ടാ ഇത്രയും വിസപ്പിന്റെയും ദാഹത്തിന്റെ ഒക്കെ കഥ പറയുന്നു അവിടെ പോയാലും മോശം കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ കർമ്മ സമുച്ചി ഉപാസനയിലൂടെ നേരത്തെ പറഞ്ഞു ആ അശ്വനായ പിപ്പാസ്യ പറ്റത്തില്ല വളരെ പാടുപെട്ട് ഇന്ദ്രനെയോ ചന്ദ്രനെയോ ഒക്കെ സാക്ഷാത്കരിച്ചാലും വീണ്ടും വിസക്കുകയും ദാഹിക്കുകയൊക്കെ ചെയ്യും കഷ്ടപ്പാടാവും തസ്മാനിയും അർത്ഥ അവർ ഗൃഹ്യത അതുകൊണ്ടിവിടെയും കർമ്മികൾ ആ ദേവതയെ ഉദ്ദേശിച്ചുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് ഹവിസ് കൈയിലെടുത്ത് ഇന്ദ്രായസ്വാഹ ചന്ദ്രായസ്വാഹ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരുന്നു ചരു പുരോഢാശാദി ലക്ഷണം ചരു പുരോടാശം എന്നൊക്കെ പറയുന്നത് ചരു പായസം പുരോടാശം അട ഹവിസ് അർപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ യാജ്ഞികന്മാരുണ്ടാക്കുന്നു ഈ സാധനങ്ങളൊക്കെ കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് ഇന്ദ്രായസ്വാഹ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് അർപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് ഭാഗിന്യവേവ ഭാഗവത്യേവ പറയുന്നു വിശപ്പിനോടും ദേവത്തോടും പറയുന്നു നിങ്ങൾക്കും കിട്ടും ആ ദേവതകൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് തന്നെയാണ് കിട്ടുന്നത് നിങ്ങൾ ആണവിടെ വിശപ്പിന്റെ രൂപത്തിൽ അവിടെ ഇരിക്കുന്നത് ഇവിടെ രണ്ടിടത്തും ഇരുപ്പുണ്ട് ഈ ചെയ്യുന്നവനിലും ഇരുപ്പുണ്ട് കിട്ടുന്ന ദേവതകളിലും ഇരുപ്പുണ്ട് ഇവിടെ ഭഷ്ടിയായി ഇവിടെ സമഷ്ടിയായി ദേവതായി അച്ഛനായ പിഭാസെ ഭഗവത എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞാൽ ആ ജ്ഞാനകർമ്മ സമുച്ചയത്തിന്റെ ദോഷത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നിങ്ങൾ ദേവതയെ പ്രാപിക്കും അവിടെ ചെന്നു കഴിഞ്ഞാൽ ഈ സംസാരത്തിൽ നിന്നും മോചനമില്ല അവിടെയും വിശപ്പും ദാഹുമെല്ലാം അനുഭവിക്കേണ്ടി വരും അതൊരു കാര്യം മറ്റൊന്നെന്താണ് ഈ സർവ്വചരാചരങ്ങൾക്ക് ഇവിടെ പിന്നിൽ എന്താണ് വൃഷ്ടിരൂപത്തിലും സമഷ്ടിരൂപത്തിലും ചൈതന്യ വിരിക്കുന്നു ആ ചൈതന്യമാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് അല്ല ഭൗതികമായ ശക്തികളൊന്നും നമ്മൾ കരുതും ഭൗതികമായ ശക്തികളാണ് നിയന്ത്രിക്കുന്നത് ഭൗതികമായ ശക്തികളല്ല അപ്പോ ഇതിന് പിന്നിലുള്ള ചൈതന്യത്തെയാണ് മനസ്സിലാക്കേണ്ടത് സാക്ഷാത്കരിക്കേണ്ടത് ഇതിനെയൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ചൈതന്യത്തെ ആഗ്രഹിക്കുക എന്നുള്ളതാണ് ഉള്ളതുകൊണ്ട് അതിനെ ഉപാധികളങ്ങനെ അധിഷ്ഠാനം എന്ന് പറയുന്ന ഉപാധി കരണമെന്ന് പറയുന്ന ഉപാധി രണ്ടും കൂടെ ചേരുമ്പോൾ അതിന് ദേവതാഭാവം വരും അഗ്നിയും വാക് മനസ്സും ചന്ദ്രനും എന്ന് പറയുന്നത് ഹൃദയവും ഈ തരത്തിൽ ദേവത അഗ്നി വാഗ്ഭൂത്ത് ആ മുഖം അഗ്നി വാക്കായി മുഖത്തെ പ്രാവശ്യം അഗ്നിദേവതയാണ് പക്ഷെ അത് മുഖം വാക്ക് ഉപാധികൾ മുഖം എന്ന് പറയുന്നതിന്റെ അധികരണമായും വാക്കെന്നു പറയുന്ന കരണമായി നിന്നെ രണ്ടിനെ അത് പരിച്ഛിന്നമായ ഒരു ചൈതന്യമായി മാറി പക്ഷെ ആ പരിച്ഛിന്നമായ ചൈതന്യമാണ് ഈ ജീവൻ ഇരുന്നുകൊണ്ട് അതിന്റെ എല്ലാ പ്രവൃത്തികളെയും ചെയ്തു അല്ലാതെ ഈ ഉപകരണങ്ങളല്ല നമ്മുടെ മുഖമോ മുഖംന്ന് ചോ മലയാളത്തിൻ്റെ മുഖമാണ് അതിനകത്തിരിക്കുന്ന വാക് വാഗേന്ദ്രിയാ നാക്കിലിരിക്കുന്ന വാഗേന്ദ്രിയ അതിന്റെ പിന്നിൽ ദേവതയുണ്ട് അതാണ് പ്രവർത്തിക്കുന്നത് അത് ഈശ്വര സിഷ്ടമായ സർവ്വദിനും മനുഷ്യ സിഷ്ടമായതിനും ഏത് രൂപത്തിലും ആ ദേവതാരൂപവും പുസ്തകത്തിലും പേനയിലും എല്ലാം കമ്പ്യൂട്ടറിലും ഇതിലുമെല്ലാം ഉണ്ട് ദേവത എന്തുകൊണ്ട് ഭൗതികമായ എന്ത് വസ്തുക്കളുണ്ടോ അതിന്റെ പിന്നിൽ അതിനെ ആശ്രയിക്കാനും നിൽക്കാൻ പറ്റത്തില്ല ചെയ്ത ആശ്രയിക്കാതെ ഊർജത്തിന് നിൽക്കാൻ പറ്റത്തില്ല സൃഷ്ടി എന്ന് പറയുന്ന എന്താണ് ഇതിനെല്ലാം കൂട്ടി യോജിക്കില്ല മനുഷ്യ സൃഷ്ടിച്ചാലും ശരി ഈശ്വരനെ സൃഷ്ടിച്ചാലും ശരി ആ സൃഷ്ടിയിൽ ഇതുണ്ടായിരിക്കും അതായിരിക്കും പ്രവർത്തിപ്പിക്കുന്നത് അപ്പം ഇവിടെ അത് എന്റെ ആതി ദൈവികമായ ഭാവം സമഷ്ടിയിലും മിഷ്ടിയിലും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് സെറ്റ് ഇല്ലെങ്കിൽ എന്താ അതാണ് നമ്മൾ ഇന്നത്തെ സയൻസിന്റെ രീതിയിൽ ഇതിനെ വ്യാഖ്യാനിച്ച് ശരിയാകത്തില്ലെന്ന് പറയും ഇന്നത്തെ സയൻസിന്റെ രീതിയിൽ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ ആദ്യ ദൈവിക ഭാവം പിടി അവർ പറയുന്നത് എന്താണ് ആദ്യഭൗതികം ആധ്യാത്മികം ഇതിന്റെ ഈ വൃഷ്ടിയും സമൃഷ്ടിയും ഭൗതിയും മാത്രമേ പഠിക്കപ്പെുള്ളൂ ആ പഠനം ഏതുവരെ ചെന്ന് നില്ക്കും ഊർജ്ജം വരെ നിൽക്കും അതിനപ്പുറം പോകത്തില്ല അതെല്ലാം ഇവിടെ പറയുന്നു ഇവിടെ അതിന് താൽപ്പര്യം ഇല്ല പാർഷികാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയും സൃഷ്ടി താല്പര്യമില്ല താല്പര്യം പക്ഷെ വേറെന്തൊരു താല്പര്യമുണ്ടെന്താണോ ഈ ദേവതയെ ബോധിപ്പിക്കുക എന്ന് വെച്ചാൽ ചൈതന്യത്തെ ബോധിപ്പിക്കുക അതിന് എല്ലാം പ്രവർത്തിപ്പിക്കുന്നു അതാണിവിടെ ബോധിപ്പിക്കുന്നത് इच्छते इमेन अन्नम सु आपो अभ्यतप अन्नमेभ्य अभितप अभ्यतप्यो अभीत्ताभ्यो जायता या मूर्तिरजयता अन्नम वै Sandi, Sandi, Sandi, Omoswe, oh, Omoswe, uh Omoswe, -huh. Omoswe.